പൂർണമായും ഉള്ള വിശ്രാന്തിയെ ആശിച്ചുകൊണ്ടാണ് ഒരു മുമുക്ഷു സന്യാസത്തിനെയൊക്കെ ചോദിക്കുന്നത് സന്യാസമെന്ന് പറയുമ്പോ ശരിക്കും അതിന്റെ പ്രാചീന അർത്ഥത്തില് പൊതുവെ ബ്രഹ്മചര്യാ ഗൃഹീഭവേത് ഗൃഹീഭൂത്വ വനീഭവേത് വനീഭൂത്വ പ്രവ്രജേത് അഥവാ ബ്രഹ്മചര്യാദവ ഗൃഹാദ്വാദ്വാ എന്നാണ് ശാസ്ത്രം ബ്രഹ്മചര്യത്തിൽ നിന്നും ഗൃഹസ്ഥാശ്രമത്തിലേക്കും ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നും വാനപ്രസ്ഥത്തിലേക്കും വാനപ്രസ്ഥത്തിൽ നിന്നും സന്യാസത്തിലേക്കും അത്ഭുതമായ ഒരു യാത്ര അതായത് ഒരു അറുപത് എഴുപത്തി അഞ്ച് ശേഷം ഒരു മനുഷ്യൻ ഒരാളെയും ആശ്രയിക്കാതെ ജീവിക്കാൻ തീരുമാനിക്കണമെങ്കിൽ അയാൾക്ക് എന്തൊരു ആരോഗ്യം ഉണ്ടാവണം ധൈര്യം ഉണ്ടാവണം ജീവിതത്തിൽ നടന്ന വിഷമങ്ങളൊന്നും അയാളെ ബാധിക്കാതെ അയാളെ എങ്ങനെ പുറത്തു വന്നിട്ടുണ്ടാവണം അല്ലേ അപ്പോൾ അത്തരത്തിൽ ഒരാൾക്ക് പക്വപ്പെടുത്തുന്ന ഒരു സംസ്കാരം ധർമാർത്ഥ കാമോക്ഷ ചതുർവിധ ഇത് പൂർത്തിയായി ഒരാൾ വരണം ഇതാണ് ജനറൽ റൂൾ എല്ലാ റൂളിനും എക്സെപ്ഷൻസ് ഉള്ള പോലെ ചിലര് ധൂമകിയതുപോലെ വരും കഴിഞ്ഞ ജന്മത്തിൽ കഴിഞ്ഞിട്ടുണ്ടാവും ഒന്നും ബാക്കി ഉണ്ടാവില്ല ജനിച്ചത് തന്നെ ചിലപ്പോൾ ഈ ഒരു കാര്യം അറിയാൻ വേണ്ടിയായിരിക്കും ചെറുപ്പത്തിൽ തന്നെ വിട്ടു ബ്രഹ്മചര്യാവ ഗൃഹാദേവ വനാദേവ് എവിടെന്നെങ്കിലുമൊക്കെ പുറപ്പെട്ടു പോകും അപ്പൊ അങ്ങനെയുള്ള സന്യാസമാണ് നമുക്ക് ഋഷികൾ വച്ചിരുന്നത് ആ സന്യാസം ഇന്നത്തെ ആളുകൾ പലപ്പോഴും ചോദിക്കുന്നത് സന്യാസി എന്ന് പറഞ്ഞാൽ മതിയോ ലോകസേവ ചെയ്യണ്ടേ നമുക്ക് ഒക്കെ അർത്ഥമൊക്കെ മാറിപ്പോയി ലോകസേവ ചെയ്യണം അത് ഗൃഹസ്ഥൻ ചെയ്യേണ്ടതാണ് അത് ഗൃഹസ്ഥന്റെ ധർമ്മാണ് അയാൾ ഗൃഹസ്ഥാശ്രമത്തിൽ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ജീവിതത്തിന്റെ ഒരു കംപ്ലീഷൻ അല്ലേ ഒരു നല്ല സംഗീത കച്ചേരി അത് അതിന്റെ സെനിത്തിലെത്തുമ്പോ ഒരു സൈലൻസാണ് ഒരു മൗനമാണ് അതുപോലെ ജീവിതത്തിന്റെ ഒരു പൂർണത നിറയുമ്പോ ഉള്ളൊരു ശാന്തി അപ്പാ എന്ന് പറയുമ്പോ ആ മനുഷ്യന്റെ അടുത്ത് പോയിരുന്ന നമ്മളുടെ ഉള്ളിലേക്ക് ജലദോഷം പകരണ പോലെ ഈ ശാന്തി പകരും അങ്ങനെ ഒരാൾ വലിയ അനുഗ്രഹമല്ലേ അങ്ങനെ ഒരു മുത്തശ്ശൻ വീട്ടിലുണ്ടെങ്കിൽ ആ ഗൃഹം എങ്ങനെയുണ്ടാവും ആ കുട്ടികൾ എങ്ങനെയുണ്ടാവും എന്നാലോചിച്ച് നോക്കൂ ഓരോ വീടും ആശ്രമമാണ് ഗൃഹസ്ഥാ ഈ നമ്മൾ ഇന്ന് ആശ്രമം എന്ന് പറഞ്ഞ പല ആളുകളും വിചാരിക്കുന്നത് സന്യാസികൾക്കാണ് ആശ്രമം സന്യാസി ശരിക്കും പറഞ്ഞാൽ ആശ്രമം ഇല്ലാത്തവനാണ് ആശ്രമം എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമം എന്നേ ആശ്രമം എന്നുള്ള അർത്ഥത്തിന് സന്യാസാശ്രമം എന്ന അർത്ഥമേ ഇല്ലേ സന്യാസി അത്യാശ്രമിയാണ് ശരിക്കും സന്യാസമാവുമ്പോൾ അയാളെ എല്ലാ ആശ്രമത്തിനെയും ഉപേക്ഷിക്കുകയാണ് അപ്പോഴേ സന്യാസി ആവുകയുള്ളൂ ആശ്രമങ്ങളെ മുഴുവൻ ഉപേക്ഷിച്ച് പുറത്തു പോകണവനാണ് സ്വതന്ത്രമാവുകയാണ് നവർണ്ണാഹ നവർണ്ണാശ്രമാചാര ധർമാ നമേ ധാരണാധ്യാനോഗി എന്ന് സ്വതന്ത്രമാവുകയാണ് ആശ്രമം ഗൃഹസ്ഥാശ്രമമാണ് ബ്രഹ്മചര്യാശ്രമം പോലും ഒരു തയ്യാറെടുപ്പ് മാത്രമാണ് എല്ലാ ആശ്രമങ്ങളും ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഗൃഹസ്ഥനെയാണ് ഇപ്പൊ ഗൃഹസ്ഥാശ്രമമാണ് ഇതിപ്പോ ഗൃഹസ്ഥാശ്രമം അതാണ് ഇപ്പോ ആശ്രമ അപ്പൊ ഈ ആശ്രമം എന്നുള്ള വാക്കും തെറ്റുധരിച്ചിരിക്കുക നമ്മൾ ആശ്രമം എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടം എന്നാണ് ധരിച്ചിരിക്കുന്നത് അല്ലെ ഒരു ഒരു ബിൽഡിംഗ് ആണ് ആശ്രമം എന്നാണ് ജനങ്ങൾക്ക് ഒരു ധാരണ സന്യാസം എന്ന് പറഞ്ഞാൽ അതൊരു അത് മാത്രം ആശ്രമം തമിഴ് വന്നു വന്നിപ്പോ അങ്ങനെ ആയി പ്രയോഗം ആശ്രമം വാങ്ങിച്ചു എന്നാണ് എന്ന് വെച്ചാൽ സന്യാസമായി എന്നർത്ഥം അപ്പോ ആശ്രമം എന്നുള്ള വാക്കു ഗൃഹസ്ഥാശ്രമാണ് സന്യാസിക്ക് ആശ്രമം ശരിക്കും സന്യാസം എന്ന് പറയുന്നത് സർവസ്വതന്ത്ര എല്ലാം വിട്ട് കഴിയുമ്പോ അയാള് ഗൃഹത്തിലിരുന്ന ഗൃഹം പവിത്രമാവും കാട്ടിലിരുന്ന കാട് പവിത്രമാവും ഒരു കുളത്തിൽ കുളിച്ച കുളം തീർത്ഥക്ഷേത്രം തീർത്ഥമാവും അയാൾ നടക്കുന്ന പൃഥിവിൻ വസുധാം സർവാം വിചചാര ഭൂമിയെ മുഴുവൻ പവിത്രമാക്കിക്കൊണ്ട് നടന്നു എന്നാണ് ശങ്കരാചാര്യരുടെ പറയണത് നടക്കുന്ന സ്ഥലം മുഴുവൻ പവിത്രമാവും എന്തെന്ന് വെച്ചാൽ ത്യാഗത്തിനുള്ള ശക്തി ഒരിക്കലും നേടിയെടുക്കലിനില്ല എല്ലാം വിട്ട് ഒഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്തേക്ക് ഭഗവാൻ വരും എല്ലാവരും വിടണോ ഭഗവാൻ പറഞ്ഞത് ഞാൻ വരാൻ തയ്യാറാണ് ഈവൻ എത്ര എൻഗേജ്മെന്റോടെ ആയിരിക്കണത് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വന്നിട്ടാന്നാണ് എല്ലാം വിട്ട കംപ്ലീറ്റ് ആയിട്ട് വിട്ടാൽ ഈശ്വരൻ അവിടേക്ക് വരും അപൂർണവും അപൂർണത്വം അവിടെ വരും അപ്പോ അർജുനൻ ത്യാഗം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ സാരവത്തായ കാര്യമാണ് ജീവിതത്തിന്റെ സക്സസ് ആണ് ഒരു ജീവിതം സക്സസ്ഫുൾ ആവണത് പരിപൂർണ ത്യാഗത്തിലാണ് സന്യാസത്തിലാണ് അതുകൊണ്ട് സന്യാസിയെ ശ്രുതിമസ്തകാരൂഢ എന്ന് പറയണു വേദത്തിൻ്റെ മസ്തകത്തിൽ കയറിയിരിക്കുന്ന ആള് പറഞ്ഞു എന്നുവെച്ചാൽ വേദത്തിന്റെ സാരം അവിടെ കഴിഞ്ഞു വേദം പോലും ഇനി അയാളെ ശാസിക്കുകയോ ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ എന്ന് പറയുകയോ ചെയ്യില്ല എന്താന്ന് വെച്ചാൽ വേദം എന്തിനെ ലക്ഷ്യമെന്ന് പറയണോ ആ ലക്ഷ്യം അയാള് നേടിക്കഴിഞ്ഞു വേദം എന്താ ലക്ഷ്യമ് എല്ലാം വിടുക സർവം പോയി ഒന്നും ഇനി എനിക്ക് ചെയ്യാനും കൊടുക്കാനും വാങ്ങാനില്ല ജിജ്ഞാസ നിവൃത്തി ജിഹാസ നിവൃത്തി പ്രേപ്സ നിവൃത്തി ചികിത്സ നിവൃത്തി ഭയനിവൃത്തി സങ്കല്പനിവൃത്തി ദ്വൈത നിവൃത്തി നിവൃത്തി ആ സ്ഥിതിയിലിരുന്നു കൊണ്ട് അയാൾ എന്ത് പ്രവൃത്തി ചെയ്താലും അയാൾ ഒന്നും ചെയ്യണില്ല വിദുഷക്രിയമാണം കർമ്മ അകർമ്മ അയാൾ എന്ത് ചെയ്താലും അയാൾ ഒന്നും ചെയ്യണില്ല പൂർണനാണ് അയാള് ആ പൂർണത്വത്തിനെ പറഞ്ഞിട്ട് അർജുനൻ ചോദിക്കുകയാണ് ഭഗവാനെ ആ ത്യാഗം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഹർട്ടായി അർജുനന്റെ അകം മഹാഭാരതം എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള ഏറ്റവും ഡർട്ടി പൊളിറ്റിക്സൊക്കെ അർജുനൻ കണ്ടുകഴിഞ്ഞു രാഗദ്വേഷം മാത്സര്യം സ്ഥലത്തിന് വേണ്ടിയുള്ള ആർത്തി ഇവർക്ക് കൊടുക്കില്ല അവർക്ക് കൊടുക്കില്ല ഒരു സ്ഥലം കൊടുക്കേണ്ടി വരിക എന്ന് വെച്ചാൽ വീട്ടിന് തീവ്ക്കുലവധുവിനെ അപമാനിക്കുക ഇനി ഒരു ദോഷമായിട്ടൊന്നും നടക്കാനില്ലേ ഇതൊക്കെ മനുഷ്യൻ എന്തിനാ ചെയ്യണത് കുറച്ച് മണ്ണിന് വേണ്ടി അല്ലേ ഈ യൂറോപ്യൻസ് പോയി ഉള്ള സ്ഥലത്തൊക്കെ പോയി ആ സ്ഥലമൊക്കെ ഒരു റെഡ് ഇന്ത്യൻ നേതാവ് സിയാട്ടൽ എന്ന് പറയുന്ന ഒരാള് പറഞ്ഞു വെൻ ദം ദാഡ് ബൈബിൾ ഇൻ ദർ ഹാൻഡ് വി ഹാഡ് ലാൻഡ് ബട്ട് നൌ വി ബൈബിൾ ലാൻഡ് ഞങ്ങളുടെ ലാൻഡ് ഒക്കെ പോയിരുന്നു എല്ലാം അങ്ങോട്ട് വാങ്ങിച്ചു അവർ പറയണത് ഞങ്ങള് ഭൂമിയെ സ്വന്തമാക്കാൻ കഴിയുമെന്നേ അറിഞ്ഞിരുന്നില്ല ഭൂമി നമ്മൾക്കാ നമ്മളാണ് ഭൂമിയുടെ ഭൂമി നമ്മളുടെ വിചാരിച്ചിരുന്നില്ല അങ്ങനെ ഒരു സംസ്കാരം ഈ വൈദിക സംസ്കാരം എന്ന് പറയണത് ദയവചെയ്തു ഭാരതത്തിൽ മാത്രമാണെന്ന് ധരിക്കരുത് ആർഷ ഭാരതസംസ്കാരം എന്ന് പറയുമ്പോൾ ആര്യന്മാർ പുറമേ നിന്നും ഈ ഭൂമിയിലേക്ക് വന്നു എന്ന് പറയുന്നത് തികച്ച അബദ്ധാണ് ആര്യന്മാർ വരുകയും പോവുമൊന്നും ചെയ്തിട്ടില്ല എല്ലാ സ്ഥലത്തും ആര്യാവർദ്ധമായിരുന്നു സർവ സ്ഥലത്ത് പോയാലും ഈ സംസ്കാരം കിടപ്പുണ്ട് കാരണം പ്രകൃതിയിൽ ജനിച്ചു കഴിഞ്ഞാൽ ഈശ്വരൻ ഇത് ബോധിപ്പിക്കും പ്രകൃതിയോട് ചേർന്ന് അങ്ങനെ ജീവിക്കുക അഭിമാനം ഇല്ലാതെ അഹങ്കാരം സ്വാർത്ഥതയില്ലാതെ ജീവിക്കാം പക്ഷെ മനുഷ്യൻ പതുക്കെ പതുക്കെ പഠിച്ചു സ്വാർത്ഥത പിടിച്ചുപറിക്കാം ഒരു രണ്ട് സന്യാസികൾ കാട്ടിലെ ജീവിച്ചു അതിലൊരു ബ്രഹ്മ ചെറിയ സന്യാസി നാട്ടില് ഭിക്ഷയ്ക്ക് പോയി പോയിട്ട് വരുമ്പോൾ ഒരു സ്ഥലത്ത് പൊരിഞ്ഞ ലഹള ഇയാൾ ചോദിച്ചു എന്താ വേലിത്തർക്കാണെന്ന് പറഞ്ഞു അപ്പൊ ഇയാള് തിരിച്ചു വന്നിട്ട് ഗുരുവിൻ്റെ അടുത്ത് ചോദിച്ചു ഈ വേലിത്തർക്കം എന്ന് പറഞ്ഞാൽ എന്താ അല്ല അങ്ങട് നിന്ന് എൻ്റെ ഇങ്ങോട്ട് ഇത്തിരി വേലി ഇങ്ങോട്ട് നീക്കി കെട്ടി ഇതൊക്കെയാണ് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അയാൾക്ക് ശിഷ്യൻ അപ്പോൾ ഗുരു പറഞ്ഞു ഇയാളുടെ കയ്യിലുള്ള കമണ്ടൽ അവർ ലഹള കൂടുകയാണെന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലായില്ല അപ്പൊ ഇയാളുടെ കയ്യിലുള്ള കമണ്ഡലുണ്ട് ഈ ചെറിയ സന്യാസിയുടെ കയ്യിൽ അപ്പോൾ വലിയ സന്യാസി ആ കമണ്ഡലം പറിച്ചെടുത്തിട്ട് പറഞ്ഞു ഇത് എൻ്റെ ആണെന്നോ അപ്പം ഈ ചെറിയ സ്വാമി പറഞ്ഞു അതിനെന്താ എടുത്തോളൂന്നോ അങ്ങനെയൊക്കെ പഠിപ്പിക്കാൻ പറ്റില്ല ഇത് ഷണ്ട വേലി തർക്കം എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ ഞാൻ ആ കമണ്ഡലം പറിച്ചെടുക്കുമ്പോൾ ഇത് നിങ്ങളുടെ എല്ലാം എൻ്റെ ആണെന്ന് നീ പറഞ്ഞാലേ ഷണ്ടേ ഉള്ളൂ ഇത് പറയാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ പഠിപ്പിക്കാൻ പറ്റില്ല ഇതാണ് ലോകത്തിലെ മുഴുവൻ ജീവിതവും ഇത്രയും കാര്യത്തിനുള്ളിൽ ലോക ജീവിതം കഴിഞ്ഞു ഇവിടെ സന്യാസമെന്ന് ഉയർന്ന ഒരു വിഷയത്തിനെ മോക്ഷം എന്നുള്ളത് വേറെയല്ല സന്യാസം എന്നുള്ളത് വേറെയല്ല സന്യസിച്ച ശേഷം അയാൾക്ക് മോക്ഷം തേടി പോണ്ട ആവശ്യമില്ല സന്യസിച്ചു കഴിഞ്ഞ മോക്ഷം ആത്മാവിന്റെ സ്വരൂപമാണ് സന്യസിക്കാന്ന് പറഞ്ഞാൽ കുപ്പയൊക്കെ എടുത്ത് കളഞ്ഞാൽ ബാക്കിയുള്ളത് ശുദ്ധമാണ് അനാത്മാവിനെ കളഞ്ഞാൽ ആത്മാ നിത്യമുക്തമാണ് സ്വാതന്ത്ര്യം എന്നുള്ളത് അതിന്റെ സ്വരൂപമാണ് അതിനെ അറിയൽ എന്ന് പറയുന്ന ആ അപരിമിതമായ പൂർണത്വം ശാന്തി നിർവൃത്തി ഒരു ഫുൾഫിൽമെന്റ് അതിനാണ് അർജുനൻ ചോദിക്കുന്നത് അപ്പൊ അർജുനൻ ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ എനിക്ക് ത്യാഗം എന്റെ അസീക്രട്ട് പറഞ്ഞു തരൂ ബൈ വിച്ച് ഐ വിൽ ബിക്കം ഹോൾ കംപ്ലീറ്റ് എനിക്ക് പറഞ്ഞു തരൂ എങ്ങനെ ഒരു കുമിള ചോദിക്കുകയാണ് ഞാൻ എങ്ങനെ കടലാവും അല്ലേ ഒരു കുമിള ചോദിക്കുക ഒരു ബബിൾ എനിക്ക് കടലാവണം പൊട്ടിക്കഴിഞ്ഞാൽ കടലായി യു ബിക്കം അഖണ്ഡത്തിൽ പൂർണ്ണമായും ആ പൂർണതയ്ക്കുള്ള കൊതി അല്ലെ ദിവസം സുഷുപ്തിയിൽ നോക്ക് രാത്രിയാകുമ്പോൾ അതിനൊരു ചെറിയ ഒരു ഒരു ടിഞ്ചാണ് നമുക്ക് കിട്ടണത് ഉറങ്ങിയാ വേണ്ടില്ല ഉറങ്ങിയാ വേണ്ടില്ല എന്താ ഉറക്കത്തിൽ കിട്ടണം ഒന്നും കിട്ടണമില്ല ഒരു അംഗീകാരമില്ല ആരും നമ്മളെ സ്തുതിക്കണില്ല നമ്മളൊന്നും കാണുന്നില്ല ഒന്നും കേൾക്കണില്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു വാള് പോലും അല്ല അല്ലേ ലോകത്തിലെ ആളുകളൊക്കെ പറയണത് എന്തെങ്കിലും ഒരാളാവണ്ടെന്നാണ് ഒന്നുമില്ലെങ്കിലും ആളായിട്ട് നടിക്കെങ്കിലും വേണം എന്നാലാണ് ഒരു സുഖം പക്ഷെ ഒന്നുമല്ലാതാവുമ്പോൾ അവിടെ എന്തുകൊണ്ട് സുഖം വരണു ദിവസം അപാര കരുണയോടുകൂടെ എല്ലാവരുടെ ഉള്ളിലുള്ള അന്തർയാമി നമുക്ക് ആ ഒരു സ്ഥിതി കാണിച്ച് തരുകയാണ് നമുക്കൊരു ഉപദേശം തരാണ് ഗീതയൊന്നും ഇല്ലെങ്കിൽ പോലും ദിവസം കാണുന്നൊരു ഉപദേശമാണ് നീ ഇല്ലാതിരിക്കുന്ന സ്ഥലത്ത് പൂർണ്ണതയുണ്ട് മണ മഹർഷി പറഞ്ഞു നാൻ ഉദിയാത് ഉള്ളത് ഉള്ള നില ഞാൻ എന്നുള്ളത് ഉദിക്കാത്ത സ്റ്റേറ്റ് നാം അതുവായി ഉള്ള നില നമ്മള് അതുമായിട്ടിരിക്കണമെന്നാണ് അത് ആ പൂർണ്ണ വസ്തു ആ പൂർണത്വം തന്നെ സന്യാസം ബ്രാഹ്മിസ്ഥിതി ശാന്തി നിർവൃത്തി ആനന്ദം ഭക്തി ധന്യത എന്നൊക്കെ പറയണത് ഇതിനെയാണ് ഭഗവാൻ എടുത്ത് അർജുനൻ ചോദിക്കണത് ഭഗവാൻ പറഞ്ഞു ത്യാഗം സന്യാസം ചോദിച്ചപ്പോ ഭഗവാൻ ജനറൽ ടോപ്പിക് ആയിട്ട് പറഞ്ഞു ആദ്യം എന്തിനെയാ വിടേണ്ടത് എന്തിനെയാ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയാണ് ആളുകളുടെ ചോദ്യമേ സന്യാസം എടുത്തു കഴിഞ്ഞാൽ എന്താ വിടേണ്ടത് എങ്ങനെ ജീവിക്കണം എന്നൊക്കെ ചോദ്യമാണ് അന്യാസം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ആവാമോ പല സൂത്രപ്പണികളും ആളുകളും ഒപ്പിക്കും എന്താണെന്ന് വെച്ചാൽ പാടില്ല അപ്പൊ എന്താ ചെയ്യാം അത് വേറെ ആരുടെങ്കിലും പേരിലിട്ടിട്ട് നിങ്ങൾ എടുത്തു നിങ്ങളുടെ പേരിൽ വേണ്ട താമസിക്കുന്ന സ്ഥലം വേണ്ടേ അത് ഗുഹയിലോ എവിടെയെങ്കിലും താമസിക്കണംന്ന് അതൊന്നും വയ്യ അപ്പൊ ശരിയാണ് വേറെ വിധത്തിലാവാം ഇങ്ങനെ ഇത് ഒരു വഴിക്ക് ഉപേക്ഷിക്കണത് വേറെ ഒരു വഴിക്ക് നമ്മൾ എടുക്കും അല്ലേ വാൻ അപത്രപ എന്ന് പറഞ്ഞു ഭാഗവതം ഛർദിച്ചതിനെയൊക്കെ എടുത്ത് തിന്നാൻ പാടില്ലാന്ന് വാന്താശി അപത്രപ അപ്പോ സന്യാസത്തിന്റെ അർത്ഥം ഈ ദോഷമൊന്നും വരില്ല അത് ജ്ഞാനമാണെന്നറിഞ്ഞാൽ ആ സ്വരൂപത്തിനെ അറിഞ്ഞാൽ ഈ ദോഷമൊന്നും നമുക്ക് ഇത് ഇങ്ങനത്തെ സംശയമൊന്നും വരില്ല ഇതെടുക്കണോ ഇത് പിടിക്കണോ ഇത് വിടണോ ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ മാറണോ മറിക്കണോ ഈ സംശയമൊന്നും വരില്ല പക്ഷെ അർജുനന് കുറിച്ച് സംശയമുള്ളതുകൊണ്ട് ഭഗവാൻ പറയുകയാണ് നോക്കൂ ശ്രീ ഭഗവാൻ കാമ്യാനാം കർമ്മാം ന്യാസം സന്യാസം കവയോ വിദു സർവകർമ്മ ഫലത്യാഗം യാഗം വിചക്ഷണ ഭഗവാന്റെ ഒരു ബ്യൂട്ടി അത് മഹാപുരുഷന്മാരുടെ ഭാഷയ്ക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട് എന്താന്ന് വെച്ചാൽ ഞാൻ നീ അവൻ ഒന്നുമില്ലാത്തൊരു ഭാഷ അവർ പറയണു അവർ പറയണം ശാസ്ത്രം പറയണു ഗുരു പറയണു ഇങ്ങനെ പറഞ്ഞിട്ട് പോയിക്കളെ അങ്ങനെയാണ് പറയണത് എന്ന് പറഞ്ഞത് ഇപ്പൊ അതാണ് ഞാൻ പറയണമെന്ന് പറഞ്ഞേല്ല ആദ്യം ആദ്യം പറഞ്ഞു കവയോ വിതു ർശികൾ പറയണോ എന്താ പറയണതെന്ന് വെച്ചാൽ കാമ്യ കർമ്മങ്ങളെ ഉപേക്ഷിക്കണം ഡിസെയർ ഓറിയന്റഡ് മോട്ടിവേറ്റഡ് ബിക്കോസ് യു ഹാവ് എ മോട്ടീവ് എ ഡിസൈർ യു ബിക്കം ലിമിറ്റഡ് യു ഹർട്ട് യുവർ സെൽഫ് ബൈ ഈസ ആഗ്രഹവും നമ്മളെ ഉള്ളിലെ ഒരു പോറൽ ഏൽപ്പിക്കുന്നുണ്ട് നമുക്കറിയില്ല നമ്മൾ പിച്ചക്കാരന്മാരാവണം പുറമേക്ക് ഭിക്ഷാപാത്രം ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സ് തന്നെ ഒരു ഭിക്ഷാപാത്രമാണ് അരോ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ലെറ്ററിനാണ് മനസ്സെന്ന് അത് കഴിവണം ഉള്ളിൽ ക്ലീൻ ചെയ്യണം അത് തന്നെ ഒരു ഭിക്ഷാപാത്രമാണ് എന്ത് കർമ്മം ചെയ്യുമ്പോൾ എന്ത് കിട്ടും ചോദിക്കാം ഇന്ന് രാവിലെ ഇങ്ങനെ എതിർച്ചയാ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയണ്ടായിരുന്നു സമ്പ്രദായ സൂര്യ നമസ്കാരമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഗുരു എന്തെങ്കിലും മന്ത്രം ഉപദേശിക്കും ആ മന്ത്രം ചൊല്ലും സൂര്യനമസ് സൂര്യനെ നമസ്കരിക്കും സൂര്യനാരായണ സ്വാമിനെ മഹാക്കഴും ഇപ്പോ വളരെ പ്രസിദ്ധമായിട്ട് വരുന്നുണ്ട് യോഗത്തിലുള്ള സൂര്യനമസ്കാരം പലരും ചെയ്യണ്ട് സൂര്യനമസ്കാരം എന്ന് പറഞ്ഞാൽ ആളുകൾ ധരിക്കണത് യോഗ സമ്പ്രദായത്തിലുള്ള സൂര്യനമസ്കാരം പ്രാണായാമത്തോടുകൂടെ അതിൽ തെറ്റില്ല അതും ഗുരുപദേശമായിട്ട് വന്നാൽ നല്ലത് പക്ഷെ ഒരു ദോഷം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും യോഗം കൊണ്ടോ മറ്റോ സൂര്യനമസ്കാരം ചെയ്യാൻ പുറപ്പെടുമ്പോ തന്നെ ഇവരുടെ ഉള്ളിൽ ഒരു കാര്യം വരണു ശരീരം ആരോഗ്യമായിട്ടിരിക്കും ഹെൽത്ത് എനിക്ക് എന്തോ ഫലം കിട്ടാമോ എന്ന് വെച്ചിട്ട് സൂര്യ നമസ്കാരം ചെയ്യുമ്പോ സൂര്യൻ അതിനൊരു ഉപകരണമായിട്ട് മാറും അതിൽ നിന്ന് നിങ്ങൾക്ക് ആരോഗ്യം ലഭിച്ചാൽ പോലും ഈ കർമ്മ അത് തന്നെ ഒരു രോഗമാണ് ലിമിറ്റേഷൻ ആണ് ഭക്തിയുടെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ അറ്റൻഷൻ നിങ്ങളുടെ മേലെയല്ല അറ്റൻഷൻ ഭഗവാന്റെ മേലെയാണ് അതിന്റെ റിസൾട്ട് നിങ്ങൾ കിട്ടുകയോ കിട്ടാതിരിക്കോ പൂർണമായി കിട്ടുകയോ അഖണ്ഡമായിട്ട് കിട്ടും അനന്തമായിട്ട് കിട്ടും നിങ്ങൾ നിങ്ങൾക്ക് ആരോഗ്യം വരണോ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണോ ഒന്നും നോക്കണില്ല ഭാഷക്കാർ ഇതിൽ തന്നെ റിസൾട്ട് പറയാൻ പോണ്ട് അതായത് കർമ്മത്തിനെ യോഗമായി ചെയ്ത് ചിത്തശുദ്ധി എന്നുള്ള ലക്ഷ്യം പോലും ഉള്ളിൽ വയ്ക്കാൻ പാടില്ല ഉത്തര കണ്ട് ശുദ്ധം അപ്പോ ഈ ഭക്തി എന്താന്ന് വെച്ചാൽ ലക്ഷ്യം നമ്മളുടെ മേലെ ഭഗവാന്റെ മേലെയാണ് നമ്മൾ ചെയ്യണോ അത്രയേ ഉള്ളൂ അപ്പൊ തന്നെ ഒരു സ്വാതന്ത്ര്യം വരും എനി കൈൻഡ് ഓഫ് ഡിസൈർ എന്ത് ആഗ്രഹം ഉള്ളിൽ വെച്ചാലും കർമ്മം ആ ആഗ്രഹത്തിന്റെ രൂപത്തിലായിട്ട് തീരും ആ ആഗ്രഹം ആ കർമ്മത്തിനെ തൊടും അതുകൊണ്ടാണ് പഴയകാലത്തിലെ ആളുകൾ ആരുടെ അടുത്തും പരിഗ്രഹമേ വാങ്ങിക്കില്ല കാരണം കൊടുക്കണമെന്തൊക്കെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാവും ആര് കണ്ടു അല്ലേ ഈ സപ്താഹത്തിനൊക്കെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് ഇപ്പൊ സപ്താഹത്തിനെ പോണില്ലേ പ്രത്യേകിച്ച് തെക്കോട്ട് കേരളത്തിൽ പോയി കഴിഞ്ഞാൽ അവസാനം ദക്ഷിണം എന്ന് പറഞ്ഞിട്ട് ഒരു പാത്രമൊക്കെ മുമ്പ് കൊണ്ടുവച്ചിട്ട് അവർ ചിലത് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ചുറ്റി അതൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ട് നമ്മൾ അത് വീട്ടിൽ കൊണ്ടുവന്ന അതുകൊണ്ടൊരു പിടി അരി വാങ്ങിച്ച വയറിൽ ഗൂഡ്സ് വേണ്ടി ഓടാൻ ഗ്രഹം മനുഷ്യൻ അത്ര കാര്യം ഒരു ചെറിയ ഒരു ഒരു പത്ത് രൂപയുടെ ഉള്ളില് അവർക്ക് ക്യാൻസറോ ഹാർട്ട് അറ്റാക്കോ ഒക്കെ ഫിറ്റ് ചെയ്ത് തന്നുകളെ അതുകൊണ്ടാണ് പരിഗ്രഹോഹി ദുഃഖായെന്ന് പറഞ്ഞത് പരിഗ്രഹം ഒന്നും വേണ്ടെന്ന് അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു ഉപേക്ഷിക്കാൻ സ്വതന്ത്രമാവണമെന്ന് അങ്ങനെയാണ് അപ്പൊ ഈ കാമ്യ കർമ്മം നമ്മളുടെ കർമ്മം എന്ന് പറയുന്നത് തന്നെ കാമ്യം പുറകിലുണ്ട് കാമനെയാണ് കർമ്മമായിട്ട് തീരുന്നത് അവിദ്യ കാമം കർമ്മം ഇതാണ് അതിന്റെ റൂട്ട് അവിദ്യ കാമം കർമ്മം അവിദ്യ കാമമായിട്ട് മാറും കാമം കർമ്മമായിട്ട് മാറും കാമെന്ന് വെച്ചാ സ്ത്രീ പുരുഷ കാമല്ല ആഗ്രഹം ഡിസയർ ഫോർ എനിത്തിങ് അവിദ്യ ആശയായിട്ട് മാറും ആശ കർമ്മമായിട്ട് മാറും അപ്പോ ഭഗവാൻ പറഞ്ഞു അർജുന കർമ്മം ചെയ്യാൻ കുഴപ്പമില്ല ഈ കാമ്യത്തിന് ഉള്ളിൽ നിന്നെടുത്താൽ മതി അപ്പൊ കർമ്മമെന്നൊന്നും പോകും എടുക്കാൻ എല്ലാവരെയും സാധിക്കില്ല അപ്പൊ എന്ത് ചെയ്യും കർമ്മം ചെയ്തിട്ട് അവസാനം അതിന്റെ ഫലം അത് ഭഗവാന് കൊടുക്ക അല്ലെങ്കിൽ ആർക്കാ വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കുക ആ ഫലത്തില് നമ്മളുടെ മനസ്സ് നമ്മളുടെ ഭാവനയൊക്കെ കൊണ്ട് മുഴുവൻ അങ്ങോട്ട് ഭഗവത് അർപ്പണം ചെയ്ത് കളയുക ഭഗവാൻ പറഞ്ഞു ഭാഗവതത്തില് എനിക്ക് താടോന്നു എന്താ തരണ്ട് അമ്പല കടയിൽ പോയിട്ട് പഴം വാങ്ങിക്കുമ്പോൾ തന്നെ ചോദിക്കും അമ്പലത്തിൽ വാങ്ങിക്കാനുള്ളതോ നിങ്ങൾക്ക് തിന്നാനുള്ളതോ അമ്പലത്തിലേക്ക് കൊടുക്കാനുള്ളതോ നിങ്ങൾ അമ്പലത്തിൽ കൊടുക്കാൻ ഞങ്ങൾ അത് പാളയം കൂടുമ്പോൾ തിന്നാനാണെങ്കിൽ ഇതൊന്നും അല്ലേ അങ്ങനെ നോക്കാൻ ആണെങ്കിൽ ഭഗവാൻ പറഞ്ഞു അതുപോലെ ഞാൻ എൻ്റെ അടുത്ത് ഐ വിൽ ഡീ യു ഏ യഥാവാം പ്രപഥന്തി താൻ തഥൈവ ഭജാമ്യഹം എന്നാണ് ഭഗവാൻ പറഞ്ഞു എന്താ എനിക്ക് തരേണ്ടതെന്ന് വെച്ചാൽ യദ് ഇഷ്ടതമം ലോക അതിപ്രിയമാത്മനഹം തൻ നിവേദയേൻ മഹ്യം തദാനന്ത്യായ കൽപ്പത്തേൻ യദ്യത്ത് ഇഷ്ടതമം ലോക എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണോ ശിവ പരിപുരാണത്തില് ശിവൻ അങ്ങനത്തെ ചില ഘോരമായ കഥകളൊക്കെ ഉണ്ട് ഭക്തനെ അനുഗ്രഹിക്കാൻ പുറപ്പെടുമ്പോ മഹാപകട ഈ കൃപ എന്ന് പറയണത് ആളുകൾ പറയണ്ടേ പലരും പറയണ്ടേ ഞങ്ങൾക്ക് കൃപ കിട്ടിയാൽ മതിയെന്ന് ആ മഹാ അപകടം പിടിച്ച ചോദ്യമാ അത് ഒരിക്കലും ഈശ്വരന്റെ അടുത്ത് കൃപ ചോദിക്കാനേ പാടില്ല നമ്മൾ ഭക്തിയെ കപ്പലിന്റെ ഉള്ളിലേക്ക് കടലിനെ വിളിക്കുന്ന പോലെയാണ് കപ്പലിന്റെ ഉള്ളിലേക്ക് കടൽ കയറിയാൽ എങ്ങനെയുണ്ടാവും കപ്പൽ ബാക്കി ഉണ്ടാവുവോ അതുപോലെ പെരിയ പുരാണത്തിലെ കഥകൾ കാണാം ഭഗവാൻ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളെയൊക്കെ പറിച്ചുകൊണ്ടുപോകും അപ്പൊ ആലോചിച്ച് നോക്ക എത്ര വേദന ഉണ്ടാവും അതൊന്നും ഞാനിവിടെ പറയാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല കാരണം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കഥ കേട്ടാൽ തന്നെ നമുക്ക് വേദനയുണ്ട പിള്ളൈക്കറി കൊണ്ട പിത്തനവൻ എന്ന് പറഞ്ഞ് രാമലിംഗ സ്വാമികൾ പാടുകയും ചെയ്തൊരു പ്രാന്ത് ശിവനെ പറയണേ തലയ്ക്ക് നല്ല സൂക്കെടുത്ത് പിള്ളൈക്കറി എന്തൊക്കെ കറിയുണ്ട് പിള്ളൈക്കറി കൊണ്ട പിത്തനവൻ മുടി ഗംഗൈക്കണിന്തൊരു പിത്തനവൻ അപ്പോൾ ഭഗവാനെ വിളിച്ചിട്ട് എന്താ ഇഷ്ടം എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തോളൂ ഫ്രീഡം കൊടുക്കുക भगवान ഭഗവാൻ പറയണത് നല്ല സുഖമായ വഴി എന്താന്ന് വെച്ചാൽ ഞാൻ പറയണ പോലെ നടക്കാം ആ സുഖമായിട്ടിരിക്കാം അഭ്യുദയനിശ്രേയസഹേതുഹൂ സധർമ്മ ഏത് ലോകത്തിലും ക്ഷേമമായിട്ടിരിക്കാൻ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല പരമാർത്ഥത്തിലും നിശ്ചയം ഉണ്ടായി സാവകാശം പൂർണ്ണമായിട്ട് അതാണ് ഗീതാശാസ്ത്രം അഭ്യുദയനിശ്രേസഹേതു അപ്പോ ഭഗവാന്റെ അടുത്ത് ഇഷ്ടപ്പെട്ട വസ്തുക്കളെയൊക്കെ ഭഗവാനെ കൊടുക്കണം ഭഗവാൻ പറഞ്ഞ അങ്ങനെ നീ തരികയാണെങ്കിൽ ഉണ്ടല്ലോ അനന്തം ഫലം നീ എനിക്ക് ഇഷ്ടപ്പെട്ട വസ്തു തന്നാൽ നീ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാവും ഞാൻ എന്റെ പുറകെ നടക്കും എന്നാണ് കബീർ ഒരു പാട്ടിൽ പറയുന്നുണ്ട് രാമൻ പുറകെ നടക്കുകയാണെന്നാണ് കഹത്ത് കബീർ കബീർ െ നടക്കണുത്ര രാമൻ എന്റെ മുഴുവൻ അങ്ങോട്ട് രാമന് കൊടുത്തു തന്നെ തന്നെ ഭഗവാന് കൊടുത്തു കഴിഞ്ഞാൽ തന്നത് ഉന്തനൈ കൊണ്ടത് എന്തനൈ ശങ്കരായാർകുലോ ചതുരർ മാണിക്യവാചകസ്വാമികൾ ഒരു പാട്ടിൽ പറഞ്ഞു ഭഗവാൻ ഒരു ബിസിനസ് നടത്തി ഭക്തന്റെ അടുത്ത് എന്താന്ന് വെച്ചാൽ തന്നെ അങ്ങോട്ട് കൊടുത്തിട്ട് ഭക്തൻ ഇങ്ങോട്ട് വാങ്ങിച്ചു ഇപ്പൊ ഇതില് ആരാണ് സാമർഥ്യകാരൻ കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയത് പരമാനന്ദം അങ്ങക്ക് കിട്ടിയത് എന്താണെന്ന് എനിക്കിപ്പോ നിശ്ചയില്ല എന്നാണ് കാരണം എന്റെ അടുത്ത് ഉണ്ടായിരുന്നത് എന്താണെന്നിപ്പോൾ എനിക്കറിയാം അതൊന്നും ഇപ്പൊ കാണാനില്ല അതിപ്പോ അങ്ങോട്ട് പോയി തന്തത് ഉന്തനെ കൊണ്ടത് എന്തനൈ ശങ്കര ആർക്കൊലോ ചതുരൻ ആരാണ് ചതുരൻ സാമർഥ്യം കൗശലമാർക്കാണ് എന്താന്ന് വെച്ചാൽ പരമലാഭം എനിക്കുണ്ടായി ആ പരമലാഭം എങ്ങനെ ഉണ്ടായിന്നു വെച്ചാൽ ത്യാഗം കിടിച്ചത് തന്റേതാന്ന് വിചാരിച്ചത് മുഴുവൻ ഭഗവാനെ കൊടുത്തു എന്തൊരു ലൈറ്റ്നെസ് അറിയോ ആയുർവേദത്തില് ചില രോഗങ്ങളൊന്നും മാറിയിട്ടില്ലെങ്കിൽ എന്തുന്ന് വെച്ചാൽ അതെ പോയിട്ട് തങ്ങോട്ട് കൊടുക്ക കുറെ സാധനങ്ങൾ കൊടുത്തു തീർക്കാം കൊടുത്തു തീർക്കുമ്പോൾ കാണാൻ ആശ്ചര്യമായിട്ട് രോഗം മാറും അതിന്റെ ശാസ്ത്രം എന്താന്ന് വെച്ചാൽ നമ്മൾ നമ്മളുടെ ഒരു കാർ വാങ്ങിച്ചു ആ കാർ കണ്ടു പല സ്ഥലത്തും കണ്ടു കണ്ടിട്ട് അയ്യോ ഒരു ബി കാർ വേണമെന്ന് ആശിച്ചു ഒരാള് വാങ്ങിച്ചു എന്നിട്ട് ആ കാർ വളരെ കാലം ആശിച്ച് ആശിച്ച് ആശിച്ച് വാങ്ങിച്ചിട്ട് അയാളുടെ അഭിമാനം മുഴുവൻ ആ കാറിലുണ്ടാവും സന്തോഷം മുഴുവൻ ആ കാറിലുണ്ടാവും അല്ലേ അങ്ങനെ ഒരു വിദ്വാൻ കാറ് വാങ്ങിച്ചിട്ട് നമ്മുടെ കൂടെ വന്നു മാമാ അതിൽ കയറിയിരുന്നിട്ട് ഇതാണല്ലേ പി ഡബ്ല്യു ചോദിച്ചു അദ്ദേഹത്തിന് എത്ര വിഷമുണ്ടാവും പാവും അയാൾ എത്ര അധികം ബുദ്ധിമുട്ടിയിട്ട് കാർ വാങ്ങിച്ചിട്ട് അതിന് പി പേരിട്ടാൽ എന്തായിന്ന് ആലോചിച്ച് നോക്കൂ ആ വിഷമം സാധാരണ വരേണ്ടത് എവിടെയാ അദ്ദേഹത്തിന് വിഷമമൊന്നും വന്നില്ല അദ്ദേഹത് ഭഗവത് അർപ്പണം ചെയ്ത ആളാ അല്ലെങ്കിൽ വിഷമം മുഴുവൻ ഞരമ്പില വരാ ഷോക്ക് ആയിക്കളിയും നെർവസ് ബ്രേക്ക് ഡൗൺ ആയിക്കളേയും ഇങ്ങനെ ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഇത് നിങ്ങൾ കാണണമെന്ന് പറഞ്ഞിരിക്കുമ്പോ നിങ്ങൾ അത് പി ഡബ്ല്യു പേരിട്ടാൽ അതിന് നെർവസ് ബ്രേക്ക് ഡൗൺ വരില്ലേ അല്ലേ നെർവസ് വരാൻ കാരണം എന്ത് കാരണം ഈ കാർ പുറത്തിരിക്കണത് വെറുതെയാണ് അത് തൊണ്ണൂറ് ശതമാനവും നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തിലാണ് ഇരിക്കുന്നത് ോ അഭിമാനം നെർവസ് സിസ്റ്റത്തിന്റെ മുഴുവൻ കൺട്രോൾ ഈഗോയിലാണ് ഈഗോ ഏത് വസ്തുവിൽ ഒട്ടിപ്പിടിച്ചിരിക്കണോ ആ വസ്തു വെളിയിലിരിക്കുന്നത് ചുമ്മാണു അതിന്റെ തൊണ്ണൂറ് ശതമാനവും നിങ്ങളുടെ ന്യൂറോട്ടിക് പ്ലെയിനിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഹൃദയം അതിനെ അങ്ങോട്ട് കൊടുത്താൽ ഈ നെർവസ് അങ്ങനെ ലയിക്കും ലയമാവും ശീതളമാകും സരളമാവും ശാന്തമാവും ദാനമെന്ന് പറഞ്ഞത് വെറുതെ അല്ല അത് അറിഞ്ഞു കൊടുക്കണം അപ്പൊ ഒരു സന്തോഷം ഹൃദയത്തിന് അത് കൊടുക്കണ സമയത്ത് നമുക്ക് ഈശ്വരനെ കാണാം എപ്പോഴാറിയോ നല്ല വിശന്നുകൊണ്ടിരിക്കുമ്പോ ഒരു മനുഷ്യനെ പോലും വേണ്ട ഒരു നായിക്കിത്തിരി ചോറിട്ടാൽ അതിന്റെ വാലാടി ശരീരം ആടി കാണുമ്പോ അത് അത് അത് ഭഗവാനാണ് ചിലപ്പോൾ വളരെ വിഷമിച്ചിരിക്കുന്ന ഒരാൾക്ക് ഒരു നിവൃത്തിയില്ലാത്ത സമയത്ത് നിങ്ങൾ പണമോ വലതു കൊടുത്താൽ അയാളുടെ മുഖത്ത് കാണാം ഹരി ഭഗവാനെ കാണാം അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അറിയില്ല എന്താന്ന് വെച്ചാൽ അയാളുടെ മുഖം കണ്ടോന്നെ നിങ്ങൾക്ക് ഗുരുവായൂർ പോയിട്ട് ചിലപ്പോൾ കിട്ടിയ ദർശനം പോലെ ഒരു ദർശന ഹൃദയത്തിൽ ഉണ്ടാവും ഒരു സന്തോഷം ഒരു ഒരു ആനന്ദം എങ്ങനെ വന്നു എന്ന് വെച്ചാൽ ആ സമയത്ത് അതിനുള്ളിലുള്ള അന്തർയാമിയെ നിങ്ങൾ പോയി തൊട്ടും ചെയ്തത് ചെറിയൊരു കാര്യമാണ് പക്ഷെ അന്തർയാമിയവും തൊട്ടും ഇതൊക്കെ ഗീതയുടെ രഹസ്യങ്ങളാണ് യജ്ഞം എന്ന് പറയുന്നതിനുള്ളിൽ ഇത് മുഴുവൻ ദ്രവ്യയജ്ഞം ദാനയജ്ഞം ഒക്കെ പല യജ്ഞങ്ങൾ ജ്ഞാനയജ്ഞം ഭഗവാൻ പലതും പറഞ്ഞു ഈ യജ്ഞത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ യജ്ഞോ വൈ വിഷ്ണു യജ്ഞസ്വരൂപ യജ്ഞം ചെയ്യുമ്പോ വിഷ്ണു വരും വിഷ്ണു വന്നാൽ യജ്ഞം സഫലമായെന്നർത്ഥം സന്തോഷിച്ചാൽ ഒരു മുഖത്തൊരു പ്രസന്നത്തെ കാണും നമ്മളുടെ ഉള്ളിലും അപ്പ ഒരു സന്തോഷം വരും അതറിയാനാണ് ഭഗവാൻ ചോദിച്ചതിന് ഭഗവാൻ പറഞ്ഞു രണ്ടു അഭിപ്രായങ്ങൾ പറഞ്ഞു കാമ്യകർമ്മങ്ങളെ വിട സാധിക്കില്ലെങ്കിൽ കർമ്മം ചെയ്തു കഴിഞ്ഞിട്ട് ഫലം അതിനെ വേണ്ട വിധത്തിൽ അങ്ങോട്ട് അർപ്പണം ചെയ്യുക ഭഗവാൻ കൊടുക്കുക ആർക്ക് ആവശ്യമുണ്ടോ കൊടുക്കുക ചുരുക്കത്തിൽ നിങ്ങളുടെ അഭിമാനത്തിൽ നിന്ന് അതിനെ അങ്ങട് കളയുക പുറത്തു അങ്ങനെ ചെയ്യാമെങ്കിൽ വിചക്ഷണാഹ സൂക്ഷ്മദർശികളായിട്ടുള്ളവർ പറയണു അതും ത്യാഗമാണ് അതും ഒരു വിധത്തിലെ ത്യാഗമാണ് അതും നല്ല ത്യാഗമാണെന്ന് പറഞ്ഞു ഇവിടെ ശങ്കരാചാര്യർക്ക് ഒരുപാട് പല വിഷയങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതൊന്നും നമുക്ക് വേണ്ട നിത്യകർമ്മം നൈമിത്തിക കർമ്മങ്ങൾ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടത് ഇപ്പോ അപ്പൊ അടുത്ത ശ്ലോകത്തിൽ അർജുനൻ ചോദിച്ചു എല്ലാം വിടണോ ഭഗവാനെ ദോഷമായിട്ടുള്ളത് മാത്രം വിട്ടാ പോരെ ചിലതൊക്കെ നല്ല കാര്യങ്ങളുണ്ടല്ലോ അതൊന്നും വിടണ്ടല്ലോ എന്ന് പറയുമ്പോ ത്യാഗത്തിന്റെ രഹസ്യമറിയാതെയുള്ള ചോദ്യമാണിത് എങ്കിലും അർജുനൻ ചോദിക്കണേ ഭഗവാൻ അതെന്നെ എടുത്ത് ഉത്തരം പറഞ്ഞു അടുത്ത ശ്ലോകം വായിച്ച നമ്മൾ നിർത്താം ദോഷപതി ോഷപത് ദോഷം ചെയ്യുന്ന കർമ്മങ്ങൾ വിടണം അതിപ്പ എല്ലാവർക്കും അറിയണ കാര്യമാണ് നമ്മളെ ഹർട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മൾ വിടണം എന്ന് അറിവുള്ളവര് പറയണ്ട യജ്ഞം ദാനം തപസ് മുതലായിട്ടുള്ള കർമ്മങ്ങളെയൊന്നും ഉപേക്ഷിക്കരുത് ഉപേക്ഷിക്കാന്ന് പറഞ്ഞാൽ ആദ്യം ഇതങ്ങട് ഉപേക്ഷിച്ചേക്കാൻ നോക്കും പൂജ ചെയ്യണത് വിട്ടു ജപം ചെയ്യണത് വിട്ടു കാമം വിട്ടില്ല ക്രോധം വിട്ടില്ല രാഗദ്വേഷം വിട്ടില്ല മാത്സര്യം വിട്ടില്ല ഇതും കൂടെ ആദ്യം എന്താ അതിനു വിട്ടു യജ്ഞം ദാനം തപസ് ഇതൊന്നും ഉപേക്ഷിക്കരുത് എന്ന് ചിലർ പറയണു ഇതിന്റെ കാര്യത്തിൽ ഭഗവാൻ ഇനിയും തന്റെ അഭിപ്രായം പറഞ്ഞിട്ടില്ല ശാസ്ത്രങ്ങളും മഹാത്മാക്കളുടെയും വചസ്സാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭഗവാൻ ആദ്യം മഹാപുരുഷന്മാരെയും ശാസ്ത്രത്തിനെയും പ്രമാണത്തിനെയെടുത്ത് ഉദ്ധരിക്കുകയാണ് പ്രമാണങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇനിയാണ് ഭഗവാൻ ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഒരു നിശ്ചയം പറയാൻ പോണത് അതിൻ്റെ ഇടയിൽ ഭഗവാൻ പറഞ്ഞു ദോഷം ചെയ്യുന്നത് ത്യജിക്കണം യജ്ഞം ദാനം തപസ് മുതലായിട്ടുള്ള ത്യജിക്കരുത് ഇത് ജനറൽ ആണ് ഇത് അങ്ങോട്ട് സ്വീകരിച്ചോളാം കുഴപ്പമൊന്നുമില്ല ഉപേക്ഷിക്കാൻ പുറപ്പെടുമ്പോ ഒരു കാര്യം ഓർത്തോളാം നല്ല കാര്യം ഇതുകൊണ്ട് ആർക്കെങ്കിലും വല്ല ദോഷം ഉണ്ടോയെന്ന് ചോദിക്കാം ഇതിപ്പോ ചെയ്ത എന്താ കുഴപ്പം ചന്ദ്രശേഖരഭാരതി സ്വാമികൾ പരമജ്ഞാനി അദ്ദേഹം ശിവപൂജ ചെയ്തോണ്ടിരിക്കുന്നു ചന്ദ്രമൌളീശ്വര പൂജ ചന്ദ്രമൌളീശ്വര പൂജ ഇല്ലെങ്കിലും തനിയെ ഇരിക്കുമ്പോഴും അവരുടെ മുറിയുടെ ഉള്ളിൽ അവരുടെ ഒരു സ്വന്തം പൂജയുണ്ട് അത് ചെയ്തോ അപ്പൊ ഒരു ഭക്തൻ ചോദിച്ചു സ്വാമി അവിടുന്ന് ജ്ഞാനി ജീവൻ മുക്തനാണെന്ന് പറയണു എല്ലാവരും എന്തിനാണ് ഈ പൂജയൊക്കെ ചെയ്യണത് പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കാം ഉള്ളൂ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത് വേറെ ഉപേക്ഷിക്കാൻ എന്തൊക്കെയോ ഉണ്ട് അതൊക്കെ ഉപേക്ഷിക്കാലോ ചിലര് പറഞ്ഞു ഈ വേദാന്തം പഠിച്ചു ഇനിയെന്തിനാ അമ്പലത്തില് പോണത് പിന്നെ എവിടെ പോണ ടി വി കണ്ടൂടെ സിനിമ കണ്ടൂടെ അല്ലേ അതൊക്കെ കാണാനൊന്നും കുഴപ്പമില്ല റിവേഴ്സ് ലോജിക് ആണ് അല്ലേ തത്വജ്ഞാനം എന്നാൽ അമ്പലത്തിൽ പോയാൽ എന്താ ഭക്തി ചെയ്താൽ സാത്വികമായ മണ്ഡലത്തിൽ ഇരുന്നാൽ എന്താ പൂജ ചെയ്താൽ എന്താ അറ്റ്ലീസ്റ്റ് വരുന്നവർക്കെങ്കിലും ഒരു പടി ഉണ്ടാവും അല്ലേ വരുന്നവർക്കെങ്കിലും ഒരു വഴി ഉണ്ടാവും ഒരു മാർഗം ഉണ്ടാവും ഇതാണ് സനാതനധർമ്മം ഒന്നും മോളുള്ള പോയി കഴിഞ്ഞാൽ പടി തള്ളി വിടുക കോണി തള്ളിവിടുക എന്നുള്ള പണിയില്ല അപ്പോ യജ്ഞം ദാനം തപസ്സൊക്കെ ജ്ഞാനികൾ പോലും അനുഷ്ഠിച്ചു കാണിക്കും ദോഷമായിട്ടുള്ളത് നിശ്ചയമായിട്ടും ത്യാജ്യമാണ് ഈ കാര്യം നമ്മൾ ഇനി വിസ്തരിച്ചു നോക്കേണ്ട കാര്യമാണ് ജീവിതമാണത് ഇതുകൊണ്ട് മോക്ഷ ഉണ്ടാവും മാത്രല്ല ജീവിതം ലളിതവും സുഗമവും ശാന്തമുമാവും പലപ്പോഴും ഈ ത്യാഗത്തിന്റെ സീക്രട്ട് അറിഞ്ഞാൽ പല രോഗങ്ങൾ പോലും മാറും വ്യാധികൾ പോലും മാറും മരുന്നൊന്നും ആവശ്യമില്ല ഇല്ലാതെ തന്നെ മാറും അത് നമ്മള് നോക്കാം നാളെ ഇതേ സമയം നോക്കാം കറക്റ്റ് ആറര മണിക്ക് നമ്മളിവിടെ ഗീതായജ്ഞം ആരംഭിക്കും വലിയ അധ്യായം ബൃഹത്തായ അധ്യായമാണ് ഈ അധ്യായം അതുകൊണ്ട് ധാരാളം നമുക്ക് സമയം വേണം ഇതൊരു ആനന്ദമാണ് ഈ സത്സംഗം പറയുന്നത് ഇത്രയും ജനങ്ങൾ നിങ്ങൾ വന്ന് കേൾക്കണു വളരെ ജീവിതത്തിനെ ധന്യമാക്കുന്ന ഈ ഗീതാ ജ്ഞാന യജ്ഞം നമ്മൾ തുടർന്ന് നാളെ വൈകുന്നേരം ഇതേ സമയത്ത് ഇവിടെ കാണും സത്യം ജ്ഞാനമനന്തം നിത്യം ശം പരമാകഷ്ഠ പ്രാങ്കണരിണലോലയാസം പരമായാസം മായാക്കാരമ ഭു ക്ഷഥമ പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദ പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം മൃത്സ്നത്സിഹേതിയശോദൈശവസന് വ്യാധാകലോകുർദലോകം ലോക ത്രയപുരമൂലസ്തംഭം ലോകോകമനോക്കം ലോകേശം പരമേശം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഭജ Govindam പരമാനന്ദം ത്രൈവിഷ്ടപരിപുവീരഘ്നംഘ്നംഘ്നം കൈവലം നവനീതം ഭുവനം വൈമലയസ്ഫുടേതോ ി വിശേഷാഭാസമൈവം കേല ശാത്തം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം यतो ममात्मा ഭജോവിന്ദം പരമാനന്ദം യമാത്മാവസി ത്വമ തോന്നം മമ കിച്ചി അതിയേഷ്ടം കൂർമാത്മന